സന്നിഹിത രജതഗോചര ജ്ഞാനസാരൂപ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും അഖ്യാതിവാദികൾ പറയുന്നുണ്ട് പറയാത്ത കാര്യമില്ല സന്നിഹിത രജതഗോചര ജ്ഞാനസാരൂപ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാന ആ ജ്ഞാനത്തിന്റെ സാരൂഖ്യം ബ്രഹ്മസ്ഥലത്തുണ്ട് അങ്ങനെയും പറയുന്നു പറയാതിരിക്കുന്നില്ല അപ്പോ കഴിഞ്ഞ വർഷ ദിവസം പറഞ്ഞിട്ടൊന്ന് കൂട്ടിച്ചേർക്കേണ്ട കാര്യം അതേസമയം അഖ്യാതിവാദികൾ പറയുന്നത് എന്താണോ അസംസർഗ്രഹ സാരൂപ്യം പറയുന്നു രണ്ടും പറയുന്നു അല്ലെങ്കിൽ വ്യത്യാസമുണ്ട് അസംസർഗ അഗ്രഹം യഥാർത്ഥ സ്ഥലത്തുണ്ട് അതിന്റെ സാരൂപ്യം എവിടെയുണ്ടെന്ന് പറയും സാധരിച്ച് ജ്ഞാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ യഥാർത്ഥ ജ്ഞാനവും ബ്രഹ്മസ്ഥതം രണ്ടിടത്തോഷം ജ്ഞാനത്തിന്റെ സാരൂപ്യം പറയാം പറയുന്ന ഒരു ദോഷമൊന്നുമില്ല അത് മാത്രം പറഞ്ഞിട്ടാണ് ഖണ്ഡിക്കുന്നത് പക്ഷെ അസംസർഗ അഗ്രഹ സാരൂപ്യമൊന്ന് അഖ്യാതിവാദികൾ പറഞ്ഞതിന് മറുപടി പറയുന്നു അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പോ രണ്ടു കാര്യങ്ങൾ പറയുമ്പം ഒന്നിനെ വിട്ടിട്ട് ഒന്നിനെ മാത്രം എടുത്ത് കണ്ടിക്കുക സൗജ്യമാണ് അതിനെ എടുത്ത് കണ്ടിക്കുക അഖ്യാധിവാദികൾ രണ്ടും പറയണം എന്താണോ യഥാർത്ഥ ഞാനും ബ്രഹ്മം ഞാനും തമ്മിൽ സാരിപ്പിക്കുകയുണ്ട് അവര് പറയുന്നു ഒന്നു സ്ഥലത്ത് പറയുന്നു പിന്തുഗ്രഹണസ്മരണേവ സ്വരൂപതോ വിഷയത ആഗ്രഹീതഭേദ സമീചീന പുരസ്ഥിത രചന വിജ്ഞാന സാദൃശ്യം യഥാർത്ഥ ജ്ഞാന സാദൃശ്യം ബ്രഹ്മത്തിലുണ്ട് എന്ന് പറയും അത് എടുത്ത് കണ്ണിക്കുന്നു അത് മാത്രം എടുത്തിട്ട് പക്ഷെ അഖ്യാതിവാദികൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണ് അസംസർഗ അഗ്രഹ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതാണ് അതിൽ പ്രധാനമായ ദോഷം എല്ലാവര് ജ്ഞാന സാരൂപ്യത്തെ പറയുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ അസംസർഗ അഗ്രഹ സാരൂപ്യംന്ന് പറയുന്നതിനെ അവർ പരിഗണിക്കുന്നു അപ്പോൾ ആഖ്യാത വിദഗ്ധർ രണ്ടും പറയും പറയുമ്പോ ഒന്നിനെ മാത്രം എടുത്ത് കണ്ടിരിക്കുന്നു അതാണ് അടുത്ത പ്രശ്നം അപ്പോ അത് പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല പറഞ്ഞത് തന്നെയാണ് പറയുന്നത് പക്ഷെ പറയാനുള്ള ഒന്നു വിട്ട് ഈ പറയുന്ന പീതശങ്ക എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ അവിടെ പറയും തഥാനയോർ ഗുണഗുണലോഹോ അസംസർഗാഗ്രഹസ ഈ അസംസർഗാഗ്രഹം എന്ന് പറയുന്നത് രജതം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അതിന്റെ സാരൂപ്യം ധർമ്മസ്ഥലത്തും ഉണ്ട് അപ്പൊ അസംസ്കൃത ആഗ്രഹ സാരൂപുണ്ട് അവിടെ അത് അവര് അതിനെ കുറിച്ച് പറയുന്നില്ല പിന്നെ എന്തു പറയുന്നു സമീജീവന പുരസ്തി രജത വിജ്ഞാന സാർശ്വത് മാത്രമാണ് അതാണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം അപ്പൊ അത് പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല പറഞ്ഞത് മുഴുവൻ പറഞ്ഞില്ല എന്ന് പറയുന്നതാണ് എന്റെ ശരി എന്നത് മനസ്സിലാക്കുന്നു അപ്പോ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു സമീചന ജ്ഞാന സാരൂപ്യോ അനയോഹോ ഇതമിത് രചനമിത് ജ്ഞാനോഹോ എന്ന് പറഞ്ഞത് അവര് തീരെ പറയാത്ത കാര്യമില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സംബന്ധിച്ചപ്പോ അത് പറയാത്തു പറഞ്ഞു പക്ഷെ അത് ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ് പറയാത്തു പറഞ്ഞത് ഈ എന്താണ് ഇതിരെ വേദാഗ്രഹ സാരൂപ്യവും പറഞ്ഞില്ല എന്നാണ് പറയാൻ ഉദ്ദേശിച്ചു പക്ഷെ പറഞ്ഞു വരുന്നത് ആ പറഞ്ഞില്ല പറയാതെ ഇത് മാത്രം എടുത്തു പറഞ്ഞു പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോ രണ്ടും പറയണം ഇവര് ഇത് രണ്ടും പറയുന്നത് വേദാഗ്രഹ സാരൂപ്യവും യഥാർത്ഥ ഞാനെ സൗകര്യം അപ്പം ഇവിടെ ഒന്ന് മാത്രം എടുത്ത് കാണിച്ചു അതപ്പോ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അപ്പോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ദോഷവും പറയും പിന്നെ വരുന്നത് ഭേദാഗ്രഹിജ്ഞേദാഗ്രഹജ്ഞാനം എന്ന് പറയുന്നിടത്ത് ശരിക്കും അഖ്യാതിവാദികൾ പറയുന്നത് ഭേദാഗ്രഹ സാദൃശ്യമാണ് രണ്ടിടത്തും ഉണ്ടെന്നാണ് അതാണ് അവര് പറയുന്നത് ആ സാദൃശ്യത്തിന്റെ ഞാൻ അതവര് വ്യക്തമായി പറയുന്നത് ഇവിടെ അത് അങ്ങനെ പറയുന്നില്ല അനയോഹോ ഭേദാഗ്രഹം ഇത്ര മാത്രം എടുക്കുന്നു അവിടെ ഈ പറയുന്നതും അഖ്യാധിവാദികൾ പറയുന്നതും പൂർണമായും അതുപോലെ എടുത്തിട്ടാണ് അവർ പറഞ്ഞെന്താണോ ഭേദാഗ്രഹ സാദൃശ്യമുണ്ട് അതിന്റെ ജ്ഞാനമുണ്ടോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ദോഷമാണ് ഈ ഭേദാഗ്രഹത്തിന്റെ ജ്ഞാനം ഉണ്ടെന്ന് പറയുമ്പോൾ അനയോഹോ ഭേദാഗ്രഹത്തിന്റെ ജ്ഞാനം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അനയോഹം എന്ന് ഭേദാഗ്രഹമില്ല ഭേദാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനയോഹം ഇല്ല ഇതാണ് അവിടെ വരുന്ന പ്രശ്നം അവർ പറയുന്ന ഒരു ഇത് അപ്പോ അഖ്യാതിവാദികൾ അനയോഹോ ഭേദാഗ്രഹമെന്ന് പറയുന്നു അതിന് ദോഷമുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ബ്രഹ്മസ്ഥലത്ത് ബ്രഹ്മം എന്ന് പറയുന്ന ആ സ്ഥലത്ത് അങ്ങനെ അനയോഹോ ഭേദാഗ്രഹമെന്നാണ് പറയുന്നത് അവിടെ എന്തുവരുന്നു അവിടെ ഒരാൾ വിനിഞ്ഞ അതിനെടുക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് അവരെടുക്കാൻ ശ്രമിക്കുന്നത് പറയുന്നു ഭേദാഗ്രഹമാണ് ഭേദജ്ഞാനം ഇല്ലാത്ത അപ്പൊ ചോദിക്കുന്നു എന്തിന്റെ ഭേദജ്ഞാനം ഈ രണ്ട് ജ്ഞാനത്തിന്റെയും പ്രത്യക്ഷത്തിന്റെയും സ്മൃതിന് ഭേദാനം ഇല്ലാത്തതുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ പറയുമ്പോ അവർക്ക് അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട് ഈ സാദൃശ്യമുള്ള ചിലപ്പോ നമുക്ക് ഭേദജ്ഞാനം ഉണ്ടാകത്തില്ല അങ്ങനെ സംഭവിക്കാം രണ്ട് ബസ്സവും ഒരേപോലുള്ള ബസ്സും ഒരേപോലുള്ള ഇരിക്കുമ്പോഴത്തേക്ക് പക്ഷെ രണ്ട് ബസവും വേറെ വേറെ ബസ്സമാണ് കാഴ്ചയിലും കട്ടിലും മട്ടിലുമൊക്കെ ഒരുപാട് ഇരിക്കും അല്ലെങ്കിൽ രണ്ട് മൊബൈൽ എന്റെ ഇതേ മൊബൈൽ ഇതേ രീതിയിലുള്ള വേറെ മൊബൈൽ അടുത്തിരിക്കുന്നു അപ്പോ എന്ത് വരുന്നു സാധിച്ചോളു സാധിച്ചോളു കൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഭേദജാനം ഉണ്ടാകത്തില്ല അത് സാദൃശ്യം കൊണ്ടാകും അപ്പൊ എന്തുകൊണ്ടിത് വേറെ തിരിച്ചറിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇത് രണ്ടും തമ്മിലുള്ള ഭേദജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അത് പറയാൻ പറ്റും ഭേദഞ്ജാനം ഇല്ലാന്ന് പറയണമെങ്കിൽ രണ്ടെണ്ണം പറയുന്നു അല്ലാതെ ഭേദജ്ഞാനം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ രണ്ടെണ്ണമെന്ന് എന്തുകൊണ്ട് പറയുന്നു ഇവിടെ അഖ്യാതി വായി പറയുന്നു ഞങ്ങൾക്ക് ഒന്ന് സ്മൃതിയാണെന്നും മറ്റൊന്ന് പ്രത്യക്ഷമാണെന്നുള്ള അറിവുണ്ട് അത് രജതത്തെ കുനിഞ്ഞെടുക്കുന്ന സമയത്തല്ല അപ്പൊ ഭേദഞ്ജാനം ഇല്ലെന്ന് അവരും പറയും അപ്പൊ ഭേദജ്ഞാനം ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ വേദംഞാനില്ലെന്ന് പറയേണ്ട ആവശ്യമുണ്ട് വേദഞ്ജാനമേ ഇല്ല അവർ പ്രത്യക്ഷം വേറെയാണ് സ്മൃതി വേറെയാണെന്നും അവർക്ക് ഭേദഞ്ജാനമേ ഇല്ല വേദജാനം ഇല്ല എങ്കിൽ പിന്നെ രണ്ടെണ്ണം തമ്മിൽ വേദജ്ഞാനം ഇല്ലെന്ന് അവിടെ പറയേണ്ട ആവശ്യം വരത്തില്ല പിന്നെ എവിടെയാ പറയേണ്ടി വരുന്നത് വേദജ്ഞാനം ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വേദജ്ഞാനം ഇല്ലെന്ന് പറയുന്നത് പറയുന്നു അവിടെ രണ്ടെണ്ണം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളറിയുന്ന ആ രണ്ടെണ്ണത്തിൽ വേദജ്ഞാനം ഇല്ല എന്ന് പറയുന്നർഥം അവമിച്ചല്ല പ്രയോഗിക്കുന്നത് വേദജ്ഞാനം അനയോഹമൊന്നും ഭേദാഗ്രഹമൊന്നും ഒരുമിച്ചല്ല അവരെ പ്രയോഗിക്കുന്നു എപ്പോഴാണോ അവൻ ശുക്തിയിലെ രേഖത്തെ കുനിഞ്ഞെടുക്കാൻ പോകുന്നത് അവിടെ അവന് ഭേദജ്ഞാനം ഇല്ലെന്നാ പറയുന്നത് അതുകൊണ്ട് അവിടെ അനയം ഒന്ന് പ്രയോഗിക്കേണ്ട ആവശ്യമാണ് പിന്നെ ചെയ്യുമ്പോൾ മാത്രമാണ് പറയുന്നത് പക്ഷെ ഖണ്ഡിക്കുന്നവർ അവരുടെ വ്യക്തിയനുസരിച്ച് കണ്ടിക്കും അതുകൊണ്ടാണ് കൃത്യമായ കണ്ഠന മണ്ഡലം എന്ന് പറയാൻ പറ്റില്ല ക്ഷങ്ങൾ രണ്ടു വർഷങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് ചോദിക്കുന്നതും രണ്ട് ജ്ഞാനങ്ങളിലുള്ള ഏത് ആഗ്രഹത്തിന്റെ സാദൃശ്യമാണോ അതിന്റെ ജ്ഞാനമാണോ അതോ ഒന്ന് രണ്ട് ജ്ഞാനങ്ങളുള്ളൂ രണ്ട് ജ്ഞാനങ്ങളിലുള്ള സാദൃശ്യത്തിന്റെ ജ്ഞാനമാണോ അതോ ഭേദാഗ്രഹത്തിന്റെ സാദൃശ്യ ജ്ഞാനമാണോ രണ്ട് ചോദിക്കും അതിന്റെ എന്ന് പറയുന്ന പക്ഷത്ത് ഇവിടെ കണ്ണിച്ചു അതിന്റെ രണ്ട് ജ്ഞാനങ്ങളിലുള്ള സാദൃശ്യജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വയ എന്ന് പറയുന്നിടത്ത് വരുന്ന അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനി രണ്ടിടത്തുള്ള ഭേദാഗ്രഹത്തിന്റെ സാധൃം ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നിടത്ത് പ്രശ്നമുണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഭേദാഗ്രഹമെന്ന് പറയാൻ പറ്റില്ല കാരണം ഭേദാഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടെണ്ണമെന്ന് പറയാൻ പറ്റില്ല രണ്ടെണ്ണം ആണെങ്കിൽ എന്താണ് രണ്ടെണ്ണം നിങ്ങൾ പറയണെങ്കിൽ അവിടെ ഭേദാഗ്രഹമെന്ന് പറയാൻ പറ്റില്ല ഭേദാഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ രണ്ടെണ്ണം പറയാൻ പറ്റില്ല എന്തുകൊണ്ടങ്ങനെ രണ്ടെന്ന് പറഞ്ഞാൽ വ്യക്തമാണ് പക്ഷെ ഭേദ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭേദജ്ഞാനം ഇല്ലെന്നാണ് എന്റെ അർത്ഥം അപ്പൊ ഭേദജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടെന്ന് പറയാൻ പറ്റില്ല രണ്ടു വസ്തുക്കളുടെ ഇരിക്കുന്നു ഭാഷാ പ്രയോഗത്തിന് ദോഷം പറയുകയാണ് രണ്ടു വസ്തുക്കളൊരുപോലെയുള്ള രണ്ടെണ്ണം ഇരിക്കുന്നു ഈ രണ്ടും തമ്മിലുള്ള ഭേദജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞ പിന്നെ രണ്ടൊന്നും പറയാൻ പറ്റില്ല കാരണം ഭേദജ്ഞാനം ഇല്ലെങ്കിൽ ഒന്നാണ് എന്നാണ് അവരുടെ തർക്കം മനസ്സിലായത് ഇനി രണ്ടു മൊബൈൽ ഒരുപോലെ അടുത്ത് എടുത്തിരിക്കും രണ്ടും തമ്മിലുള്ള ഭേദജ്ഞാനം ഇല്ല ഇവിടെ ഭേദജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞ പിന്നെ അതൊന്നാവണല്ലോ അപ്പൊ പിന്നെ രണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ പറയാം എന്നുകൊണ്ട് രണ്ടും തമ്മിൽ സാദൃശ്യമുണ്ട് സാദൃശ്യമുള്ളതുകൊണ്ട് എന്താണ് രണ്ടെണ്ണത്തിൽ പരസ്പര സാദൃശ്യം രണ്ടും ഒന്നല്ല പറയുന്നു രണ്ടും തമ്മില് സാദൃശ്യമുള്ളതുകൊണ്ട് അവിടെ എന്ത് പറയുന്നു ഭേദജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് അതാണ് അവർ പറയുന്നത് അഖ്യാതിവാദികൾ പറയുന്നത് രണ്ടും തമ്മിൽ സാദൃശ്യമുണ്ട് യഥാർത്ഥ സ്ഥലത്തും ഭേദാഗ്രഹമുണ്ട് ഈ ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തും ഭേദാഗ്രഹമുണ്ട് രണ്ടും തമ്മിൽ സാദൃശ്യമുള്ളതുകൊണ്ട് അങ്ങനെ വരുമല്ല രണ്ട് ഇരട്ട കുട്ടികൾ രണ്ടു കുട്ടികൾ ഇരട്ടകളാണ് അപ്പോ ഒരാൾ പറയാണ് എനിക്ക് രണ്ടുപേരെയും കണ്ട തിരിച്ചറിയാൻ പറ്റും എന്നുവെച്ചാൽ ഭേദംഞാനം ഇല്ലെന്നാണ് അവിടെ രണ്ടെന്ന് പറയാം പറയുന്നതിന് എന്താ ദോഷം എന്തുകൊണ്ട് രണ്ടിനും തമ്മിൽ സാദൃശ്യുള്ളതുകൊണ്ടാണ് പറയുന്നത് അതങ്ങനെ പറയാൻ പറ്റൂ രണ്ടെണ്ണം തമ്മിൽ ഭേദംഞാനും ഇല്ല സാദൃശ്യള്ളോണ്ടങ്ങനെ പറയാം അപ്പൊ അഖ്യാധിവാദി പറയുന്നതിന് ദോഷമില്ലെന്നാണ് ഞാനും പറയും എന്നാ പറയുന്നത് എന്താണ് ഭേദം ഞാനും ഇല്ലെങ്കിൽ പിന്നെ രണ്ടെന്നെങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ പറയാതുകൊണ്ട് രണ്ട് കുട്ടികളൊന്നും മുന്നിൽ സാദൃശ്യമുണ്ട് അതുകൊണ്ട് എനിക്കെന്താണ് രണ്ടുപേരും വേർതിരിച്ചറിയാൻ വയ്യ ഭേദജ്ഞാനം ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ രണ്ടുപേരും എനിക്ക് വേർതിരിച്ചറിയാൻ വയ്യ അങ്ങനെയല്ല എങ്ങനെയാ പറയുന്നത് രണ്ടും ഒന്നല്ലല്ലോ രണ്ടും ഒന്നാണെങ്കിലേ പ്രശ്നം വരും രണ്ടും രണ്ടായിരിക്കുന്നിടത്തോളം കാലം സാദൃശ്യം കൊണ്ട് ഭേദജ്ഞാനം ഇല്ലെങ്കിൽ രണ്ടെന്ന് പറയുന്നതിലൊരു തെറ്റുമില്ല ഭക്ഷ്യാധിവാദി പറയുന്നത് തന്നെയാണ് തർക്കികന്മാർ വെറുതെ തർക്കിക്കാൻ വേണ്ടി പറയുന്നതാണ് അതിന് ഇരട്ട കുട്ടികളുടെ ഉദാഹരണം നോക്കിയാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ് രണ്ടുപേരുണ്ട് സാദൃശ്യമുണ്ട് നമ്മളിങ്ങനെയാ പറയുന്നത് എന്താണ് ഇവര് രണ്ടുപേരും രണ്ടുപേരും എനിക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ തന്നെയാ പറയും അപ്പോ രണ്ടുപേരെന്നും പറയാം വേറെ തിരിച്ചറിയാൻ പറ്റില്ലെന്നും പറയാം ചോദിച്ചാ അനയോഹവും എന്നും പറയാം ഭേദാഗ്രഹമെന്നും പറയാം ഒരു ദോഷം അതേ വ്യക്തിയാണ് ഇവരൂടെ പറയുന്നത് അല്ലാതെ രണ്ടു ഒന്നിവർ പറയുന്നില്ല യഥാർത്ഥ സ്ഥലത്ത് ഭേദാഗ്രഹമുണ്ട് ബർമ്മസ്ഥലത്ത് ഭേദാഗ്രഹമുണ്ട് രണ്ടു ഒന്നെന്നവർ പറയുന്നു സാദൃശ്യം ഒന്നേ പറയുന്നു ആ സാദൃശ്യം ഞാനോണ്ട് ഇവിടെ കണ്ണിക്കുന്നതും പൂർവമായിട്ടില്ല നേരത്തെ കണ്ണിച്ചിടത്തും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം എടുത്ത് കണ്ണിക്കുന്നു അത് മാത്രം അവിടെ മറ്റേതിനടുത്ത് അവിടെ ഖണ്ണിക്കുന്നില്ല പിന്നെ ആ വിഷയത്തെ പഠിക്കാൻ വേണ്ടി അവരൊരു കുതർക്കം എടുക്കുകയാണ് വേദജ്ഞാനം ഉണ്ടെങ്കിൽ രണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അത് ശരിയല്ല സാധിച്ചുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും എന്നാണ് മുഖ്യാധ്യം പറഞ്ഞു പറയുന്നത് അപ്പോൾ ആ ജ്ഞാനമെന്നുള്ള പക്ഷേ തർക്കം കുരുങ്ങി കുരുങ്ങി ഒരു കാര്യമാണ് is la ഇനി പറയണ ജ്ഞാനമല്ല കേവലം അതിന്റെ സത്ത രണ്ട് ജ്ഞാനങ്ങളുടെ സാദൃശ്യമുണ്ട് അറിയണമെന്നില്ല എന്നാണ് പറയണമെങ്കിൽ അഖ്യാധിവാദം യഥാർത്ഥ ജ്ഞാനവും ബ്രഹ്മവും രണ്ടിന്റെയും സ്വാദൃശ്യമുണ്ട് പക്ഷെ അറിയുന്നു അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ധർമ്മസ്ഥലം അല്ലെങ്കിൽ രണ്ടിടത്തും ഭേദാഗ്രഹവും ഉണ്ട് അതറിയുന്നില്ല പക്ഷെ ആ ഭേദാഗ്രഹത്തിന്റെ സത്തയു അതുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്താ കുനിഞ്ഞ് ബ്രഹ്മസ്ഥലത്ത് രേത്തെ എടുക്കാൻ ശ്രമിക്കുന്നു ഇതണ്ടേ എന്നൊന്ന് പറയുന്നു എന്നൊക്കെയാണ് പറയണമെങ്കിൽ അടുത്ത പക്ഷാനെ കുറിച്ച് പറയണം ഈ സാദൃശ്യജ്ഞാനം എന്നുള്ള പക്ഷത്തെ ഭണ്ണിച്ചു കഴിഞ്ഞുകൊണ്ട് പറയുന്നു തസ്മാ സത്താമാത്രേണ ഭേദാഗ്രഹോ പറയുന്നു ഇവിടെ ഭേദാഗ്രഹം രണ്ടിടത്തും ഉണ്ടല്ലോ ബ്രഹ്മസ്ഥലത്ത് ഭേദാഗ്രഹമുണ്ട് പക്ഷെ അതറിയുന്നില്ല സത്താ മാത്രേന്ന് വെച്ചാൽ അതിന്റെ അർത്ഥമാണ് പറയുന്നു അഗ്രഹീതയോ അതിന്റെ ജ്ഞാനുണ്ട് രണ്ടിടത്തും ഭേദാഗ്രഹമുണ്ട് അവിടെ ഒരു ജ്ഞാനുണ്ട് അപ്പോ ഭേദാഗ്രഹ അതിന്റെ കേവലം സത്ത അതവിടെയുണ്ട് അതിന്റെ സാദൃശ്യമൊന്നും പറയുന്നില്ല അതും വിട്ടും ജ്ഞാനസാദൃശ്യം എന്ന് പറയുന്നത് അതും വിട്ടു കേവലം ആ ഭേദാഗ്രഹത്തെ മാത്രം എടുക്കുകയാണ് യഥാർത്ഥ സ്ഥലത്തും ഭേദാഗ്രഹമുണ്ട് ബ്രഹ്മസ്ഥലത്തും ഭേദാഗ്രഹമുണ്ട് ആ ഭേദാഗ്രഹം സത്താ മാത്രം വെച്ചാൽ ആഗ്രഹീതം അറിയുന്നില്ല അങ്ങനെയുള്ള ഭേദാഗ്രഹം വ്യവഹാരഹേതു എന്ന് പറയുന്ന അടുത്തപക്ഷം പറയുന്നു അപ്പൊ അതിനെക്കുറിച്ച് അറിയുന്നു വേണ്ട രണ്ടടുത്ത് ഭേദാഗ്രഹ്ണ്ട് അള് ബ്രഹ്മസ്ഥലത്ത് രഹിത കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലോ ആ ഒരു പക്ഷം ബാക്കിയെല്ലാം പെട്ടെന്ന് ഇനിയിപ്പോ ഈ ഒരു പക്ഷത്തെ എടുക്കുകയാണ് രണ്ട് ജ്ഞാനങ്ങളും തമ്മിൽ സാദൃശ്യമുണ്ട് അതിനെ അറിയുന്നില്ല കേവലം ആ സാദൃശ്യ സത്വമുണ്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം അതൊന്നും ഇവിടെ എടുക്കുന്നില്ല അതൊക്കെ താർക്കികന്മാർ കിട്ടും കേവലം ഭേദാഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യം അതിനും സാദൃശ്യത്തിന് എടുക്കുന്നില്ല രണ്ടിടത്തും ഭേദാഗ്രഹമുണ്ട് അതറിയുന്നില്ല പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുവെച്ചാൽ ഭേദാഗ്രഹം അജ്ഞാതസത്തയായിട്ട് പ്രവർത്തിക്ക് ഹേതുവാണോ എന്നാണ് ഇവർ പറയുന്നത് അന്നുമ്പോൾ പറഞ്ഞാണ് ഒരു കാര്യം ജ്ഞാതസത്യായിട്ടും അജ്ഞാതസത്യായിട്ടും പ്രവർത്തിക്കും ഹേതുവാണ് സ്മാത് സാ മാത്രേണേണ ഭേദാഗ്രഹോ ആഗ്രഹീത ഭേദാഗ്രഹം ഉണ്ട് അറിയുന്നില്ല അത്ത മാത്രം ഉണ്ട് അറിയാതിരിക്കുക അതിനാണ് സത്ത മാത്രം എന്റെ എന്താണ് മുമ്പില് മൊബൈൽ എരിപ്പൊണ്ട് ഞാൻ അറിയുന്നില്ല അങ്ങനെയാണെങ്കിൽ പറയും ഇതിന്റെ സത്താ അതുപോലെ ഭേദാഗ്രഹം രണ്ടിടത്തുകൊണ്ട് അറിയുന്നില്ല സിത്താമ അതുകൊണ്ട് പ്രവർത്തിക്കുന്നു അറിഞ്ഞിട്ട് പ്രവർത്തിക്കുകയല്ല അറിയാതെ പ്രവർത്തിക്കുന്നു അറിയാത്ത ഭേദാഗ്രഹം പ്രവർത്തിക്കുക കാരണമാണ് അപ്പൊ അവിടെ എന്താണ് ഭേദാഗ്രഹമുണ്ട് ധർമ്മസ്ഥലത്തിൽ ഭേദാഗ്രഹം എന്ന് വെച്ചാൽ അവിടെ പ്രധാനമായിട്ടും പ്രത്യക്ഷം ജ്ഞാനത്തെയും സ്മൃതിയും തിരിച്ചറിയുന്നു തിരിച്ചറിയാത്തോണ്ട് നീന്നവിടെ പ്രവർത്തിക്കുന്നു ഇവിടെ കാർക്കികമാരൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കും അവരെ കൊണ്ട് ഭ്രമത്തെ അംഗീകരിപ്പിക്കാൻ വേണ്ടി എന്താണ് ചോദിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഭേദാഗ്രഹത്തെ അറിയുന്നില്ല പക്ഷെ എന്താണോ നിങ്ങൾ അവിടെ ഒരു ജ്ഞാനത്തെ ആരോപിച്ച് ഭേദാഗ്രഹത്തെ അറിയാത്തോണ്ടൊരു ഭ്രമജ്ഞാനം ഉണ്ടായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപജ്ഞാനം വെച്ചാൽ ഭ്രമജ്ഞാനം േദാനില്ല പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു ബ്രഹ്മജ്ഞാനം ഉണ്ടായോ എന്നിട്ടാണോ പ്രവർത്തിക്കുന്ന എങ്ങനെയുണ്ടാവും ഈ ഭേദാഗതി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവിടെ ഒരു ബ്രഹ്മജ്ഞാനം ഉണ്ടാവും അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാ രണ്ടു മരങ്ങള് വളരെ ദൂരെ നിൽക്കുന്നു ദൂരം നോക്കുമ്പോൾ നമുക്ക് രണ്ടു തമ്മിലുള്ള ഭേദം ഞാനില്ല രണ്ടു വേറെ വേറെ എന്നുള്ള ബോധമില്ല ഭേദം ഞാനില്ല ഭേദാഗ്രഹം അവിടെയുണ്ട് ഭേദാഗ്രഹം പക്ഷേ നമ്മൾക്ക് അവിടെ എന്താ അവിടെ രണ്ട് മരങ്ങളുണ്ട് രണ്ട് തമ്മില് ഭേദമുണ്ട് പക്ഷെ ആ വേദത്തെ നമ്മൾ അറിയുന്നില്ല ഇങ്ങനെയുള്ള ബോധം ഒന്നും നോക്കില്ല നമ്മൾ ദൂരം നോക്കുമ്പോൾ കാണുന്ന എന്താണ് ഒരു മരം അന്റെ രണ്ടു മരം ദൂരം ഇപ്പോണ്ട് ദൂരെക്കൂടുണ്ട് നമ്മൾ ദൂരം നോക്കുമ്പോൾ കാണുന്ന എന്താണ് ഒരു മരം ഒരു മരം എന്നുള്ള ജ്ഞാനമാണ് ഇത് ഭ്രമമാണോ അതോ യഥാർത്ഥ ജ്ഞാനമാണോ ഇതാണ് ഞാൻ എന്തെങ്കിലും ചോദിച്ചു ഉത്തരം പറഞ്ഞാൽ തെറ്റിപ്പോകുന്നു പേടിക്കണ്ട അങ്ങനെ പേടിച്ചു ഉത്തരം പറയാതിരിക്കരുത് അപ്പൊ കൂടുതൽ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചാലും ശരിയാകും പറയുന്നത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലായോച്ച് ഉത്തരം പറയും ചിന്തിക്കരുത് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിയായ ഉത്തരം പറയുന്നു ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവരേക്കു മുമ്പ് ഞാൻ മണ്ടനാവും എന്ന് പോയി അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്റെ ഈ ചോദ്യം ശരിക്കും ഒന്നുകൂടെ കേട്ടിട്ട് ഉടൻ ഉത്തരം പറയും റിസർച്ച് നടത്തരുത് മനസ്സിലാകും അതായത് ഞാൻ ഒരു മരുഭൂമിയിലും നടന്നു പോവുകയാണ് വളരെ ദൂരെ രണ്ട് മരങ്ങളുണ്ട് ദൂരെ ആ രണ്ട് മരങ്ങളാണ് ഞാൻ കാണുന്ന ഒരു മരമായിട്ടാണ് ശരിക്കും എന്താണ് അവിടെ രണ്ട് മരങ്ങളുണ്ട് രണ്ടും തമ്മിലുള്ള ഭേദം വേറെ വേറെയാണെന്നുള്ള അറിവ് എനിക്കില്ല പക്ഷെ അതിനാണ് ഭേദാഗ്രഹം എന്ന് പറയുന്നത് ഭേദജ്ഞാനം ഇല്ല പക്ഷെ ഭേദജ്ഞാനം ഇല്ല എന്നുള്ള അറിവ് എനിക്കില്ല എന്തുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു വരവേ കാണുന്നുള്ളൂ രണ്ട് ഘട്ടിച്ച് പിന്നെ ഒന്ന് കാണുകയല്ല അപ്പോൾ ദൂരെ നിന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അവിടെ കാണുന്ന ഒരു മരമായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടു മരത്തിനറിഞ്ഞിട്ടില്ലേ പോലെ മനസ്സിലായോ ചോദിച്ചതിന് ഒരു പറഞ്ഞാണ് ദൂരെ ഞാൻ കാണുന്ന എന്താണ് ഒരു മരം ഈ കാണുന്നതിന്റെ ഈ ജ്ഞാനം യഥാർത്ഥമായ ജ്ഞാനമാണോ ഭ്രമമാണോ ശരിയാണ് എന്താണ് യഥാർത്ഥ ഞാനോ ഭ്രമമാണ് ഭ്രമമാണ് ആർക്കും വ്യക്തമായി മനസ്സിലാവും രണ്ടു മരം അവിടെ നിൽക്കുന്നു രണ്ടായിട്ട് ഞാൻ കണ്ടില്ല ദൂരെയും നോക്കുമ്പോൾ കാണുന്ന ഒരു മരം അതെന്റെ ഭ്രമമാണ് കാരണം രണ്ടവിടെയുണ്ട് രണ്ടിനൊന്നായി കാണണം ഇതിനെന്താ ഇത്തരം ചിന്തിക്കാൻ കാരണം ചിന്തിക്കാതെ മഴപൊഴി പറയണ വീണ്ടും ചിന്തിക്കുന്നു ശരിയാക്ക അതെന്റെ ഒരു ഭ്രമമാണ് മനസ്സിലായി അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് ബ്രഹ്മമാണെന്ന് അംഗീകരിക്കുന്നവര് പറയും എന്താണോ ബ്രഹ്മമാണെന്ന് അംഗീകരിക്കുന്നവര് പറയും അവിടെ എന്താ സംഭവിച്ചതെന്ന് പറയും രണ്ട് മരങ്ങളുണ്ട് ഞാനത് രണ്ടാണെന്നറിഞ്ഞില്ല എന്നുവെച്ചാൽ ഭേദജ്ഞാനമില്ല മനസിലായി എന്നുവെച്ചാൽ എനിക്ക് ഭേദാഗ്രഹമാണ് എന്നാൽ ഭേദാഗ്രഹത്തെക്കുറിച്ചും എനിക്ക് ബോധവുമില്ല ഭേദജ്ഞാനം ഇല്ല എന്നുള്ള ബോധം എനിക്കില്ല ഇതൊന്നുമില്ല പിന്നെ അവിടെ എന്താ സംഭവിച്ചത് എന്നാൽ അവിടെ എന്താണ് ഭേദ ആഗ്രഹം എന്ന് പറയുന്ന അവിടെ ഒന്നും ഉണ്ട് ഞാൻ അറിയുന്നില്ല തന്നെയുള്ള ഭേദജ്ഞാനം ഇല്ല എന്നുള്ള കാര്യമുണ്ട് ഞാൻ അറിയുന്നില്ല അതുകൊണ്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനവിടെ ഒരു മരം എന്നുള്ള ജ്ഞാനത്തെ ആരോപിച്ചു ഞാൻ ഭ്രമിച്ചു ആരോപിച്ചാൽ ഞാൻ ഭ്രമിച്ചു ഭ്രമിച്ചിട്ട് എന്ത് ചെയ്യുന്നു അത് ആ ഒരു മരവ് കുറഞ്ഞ അങ്ങോട്ട് ഓടിപ്പോ പ്രവർത്തിക്കുന്നു അതാണ് ആരോപത്തെ ഭേദാഗ്രഹം ആരോപത്തെ ഉണ്ടാക്കുന്നു ഭ്രമത്തെ ഉണ്ടാക്കിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഇതാണ് മനസ്സിലായത് എല്ലായിടത്തും ചിന്തിക്കരുത് നമ്മളൊരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കരുത് കേട്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ പഠിക്കാൻ മാത്രം ശ്രമിക്കുമ്പോ പേരല്ലായി ചിന്തിക്കായി പറയുന്ന ഒന്നും മനസ്സിലാവും അത് നമ്മൾ ബുദ്ധിമാകാൻ മദ്യമാൻ ആകാനുള്ള ഒരു ശ്രമം മാത്രമാണ് പറയുമ്പോൾ എത്തിക്കുന്നത് അങ്ങനെയൊരു ശ്രമം ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നടക്കില്ല മനസ്സിലായ പറയുന്ന കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് സ്വയം ഒരു ബുദ്ധിമാനാണ് അത് ഇവിടെ നിന്ന് നടക്കുന്ന കാര്യമില്ല ഇവിടെ എന്താണോ ആദ്യത്തെ ഒരു ടാസ്ക് ആണ് ഈ ഈ പറയുന്ന കാര്യം തന്നെ മനസ്സിലാക്കാന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു ജോലിയാണ് അത് കഴിഞ്ഞിട്ട് വേണ്ടി അതിൻ്റെ അപ്പുറം ചിന്തിക്കരുത് മനസിലായാ ഇവിടെയാണ് തകരാറ് കിട്ടുന്ന മനസ്സിലായാ നമ്മൾ ചിന്തിക്കരുത് പിടിച്ചെടുക്ക പറയുന്ന മാത്രം പിടിച്ചെടുക്ക ചിന്തിക്കാൻ പാടില്ല ആ ചിന്ത പാടില്ല നേരത്തെ അങ്ങനെ പറയും ഇങ്ങനെ പറയും ചിന്തിക്കുന്നത് ഗ്രാസ്കിങ് എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത് മാത്രം മനസ്സിലാവും അത് കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റും കാരണം ഈ പറയുന്നത് നമുക്ക് എന്താണ് ആഴമുള്ള കാര്യങ്ങളാണ് ഇത് നമ്മൾ മുമ്പ് കേട്ട് വരികയുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിച്ചിട്ടുള്ളതല്ല മതപ്രഭാഷങ്ങളെ കേൾക്കുന്നതല്ല ഒരു പുസ്തകത്തിന് നമുക്ക് വായിക്കാൻ കിട്ടുന്നതല്ല വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതല്ല ഇതൊക്കെ എന്താണ് ദഹനമായ തർക്കങ്ങളാണ് അപ്പോ നമുക്ക് ഒരു പരിചയം ഇല്ലാത്തൊരു കാര്യം കയറുമ്പോൾ നമ്മൾ പിന്നെ കടന്നു ചിന്തിച്ചിട്ടൊരർത്ഥ മനസ്സിലായവിടെ നമുക്ക് ഒരൊറ്റ ജോലിയെ പാടും എന്ത് പറയുന്നത് പറയുന്നു മനസ്സിലാക്കാൻ മാത്രം ശ്രമിക്കുക എന്താ പറയുന്നു നമ്മുടെ ബുദ്ധിയിലെ രണ്ടാമതൊരു ബുദ്ധിക്ക് രണ്ട് പ്രവൃത്തി ഉണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മറ്റൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കും അപ്പം നമുക്ക് പരിചയമുള്ള വിഷയങ്ങളാണ് ഒരുപാട് പരിചയമുള്ള വിഷയങ്ങൾ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നമുക്കവിടെ ചിന്തിക്കാൻ പറ്റും കാരണം നമുക്ക് പരിചയമുണ്ട് മനസ്സിലായോ പക്ഷെ നമുക്കൊരു പരിചയമില്ലാത്തതാണ് ഈ വിഷയങ്ങളാക്കുക ജീവിതത്തിൽ കേട്ടിട്ടുള്ളവർ അപ്പം നമ്മളിതിനെ കുറിച്ച് മനസ്സിലാക്കാനേ ശ്രമിക്കാവോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നു ശ്രമിച്ചാൽ മനസ്സിലാകത്തി അതാണ് ഈ പലർക്കിൽ പഠിക്കുമ്പോൾ വരുന്നൊരു തകരാറ് അതുകൊണ്ട് എന്താണ് ഒരു ദൂരെ രണ്ട് മരങ്ങളും ഒരാളെ കൊണ്ട് നടന്നു പോകുന്നു ദൂരെ അയാൾ എന്ത് ചെയ്യുന്നു അതിനെ ഒരു മരമായി കാണുന്നു അയാൾ ഒരു മരമായി കാണുന്നു ശരിക്കും അവിടെ എത്ര മരമുണ്ട് രണ്ടു മരം രണ്ടു മരം ഉണ്ടെന്ന് വെച്ചാൽ അയാൾ ഒന്നായി കാണുന്നുണ്ട് എന്നെ മനസ്സിലാക്കുക രണ്ടും തമ്മിലുള്ള ഭേദജ്ഞാനം അയാൾക്ക് ഇല്ല ഭേദാഗ്ര അവിടെയുണ്ട് അയാളുണ്ട് ഭേദാഗ്ര അത് അയാളുടെ ആയിരിക്കുന്നു ഭേദാഗ്രഹം അതവിടെയുണ്ട് ഭേദജ്ഞാനം ഇല്ല അപ്പോ അയാളവിടെ എന്ത് കാണുന്നു രണ്ട് കാണേണ്ടതിന്റെ സ്ഥാനത്ത് അയാൾ എന്ത് കാണുന്നു ഒരു മരത്തെ കാണുന്നു അപ്പോ ഭേദാഗ്രഹം എവിടെയുണ്ട് അയാളുടെ ഉണ്ട് അയാൾ കാണുന്നത് എന്താണ് ഒരു മരത്തെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മമാണോ യഥാർത്ഥമാണോ ഇപ്പ ശരിയായി ഇപ്പഴ ശരിയായ ഇതുവരെ ശരിയായിട്ട് അങ്ങനെ ശരിയാക്കും എന്തുകൊണ്ട് അപ്പോ ഇനി ഭ്രമമായതുകൊണ്ട് മാത്രമായില്ല അയാൾ എന്ത് ചെയ്യുന്നു അയാള് തണലൊക്കെ ആഗ്രഹിച്ച് നടക്കുകയാണ് അയാൾ ഒരു ഗോവ ഒരു മരം നിൽക്കുന്നവൾ എന്നതിനു പ്രവൃത്തിയും നടക്കുന്നു ഇപ്പൊ ഭേദാഗ്രഹത്തിന്റെ സത്ത തന്നെ ഒന്ന് രണ്ടാമത് ബ്രഹ്മജ്ഞാനം മൂന്നാമത് പ്രവൃത്തി ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇങ്ങനെ അല്ലേ സംഭവിക്കുന്നതെന്നാണ് അവരോട് ചോദിക്കുന്നത് എന്തായാലും ഭേദാഗ്രഹത്തിന്റെ സത്ത ബ്രഹ്മജ്ഞാനം പ്രവൃത്തി ഇങ്ങനെയൊരു ക്രമം മനസ്സിലായോ പറയുന്നു അയ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് ഗണയം ഭേദാഗ്രഹം ഭേദാഗ്രഹ പുല്ലിങ്ങേ സ്പോ ഈ ഭേദാഗ്രഹം ആരോപ ഉത്പാദക്രമേണെന്ന് വെച്ചാൽ ഭ്രമത്തെ ഉണ്ടാക്കിയിട്ട് വ്യവഹാരഭേദം പ്രവൃത്തിക്ക് കാരണമാവുകയാണോ അവരോട് ചോദിക്കുകയാണ് അങ്ങനെ ആകണം എന്നാണ് അവരുടെ താല്പര്യം മനസിലാകി കാര്യം തന്നെ ഇവിടെ വരികയാണ് ബ്രഹ്മന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒന്ന് പ്രത്യക്ഷമാണോ ഒന്ന് സ്മൃതിയാണ് പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഭേദജ്ഞാനങ്ങൾ അവിടെ ഭേദാഗ്രഹം ഉണ്ട് ഭേദാഗ്രഹം എന്ന് വെച്ചാൽ കൂടില്ല അവർ വിദ്രഹിക്കുന്നില്ല ഭേദാഗ്രഹമാണ് വന്നുകഴിഞ്ഞാൽ എന്തുവായും ം എന്നൊരു ഭ്രമുണ്ടാവും അത് കഴിഞ്ഞിട്ട് എന്തെയും എന്തെയുന്നു പിഞ്ഞെടുക്കാൻ പോകും ഇതാണ് സംഭവിക്കുന്നതെന്നാണ് ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത് അവരോട് ചോദ്യം ഇടയ്ക്ക് ഒരു ഭ്രമത്വം നിങ്ങൾ അംഗീകരിക്കണ്ടേ മനസ്സിലാവും ഒരു ഭ്രമത്ത് നിങ്ങൾക്ക് അംഗീകരിച്ചല്ലേ പറ്റും ഇപ്പം ഭേദാഗ്രഹത്തിന്റെ അജ്ഞാതസത്ത ഭ്രമം ഇതാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് അല്ല ഇനി ചോദിക്കുന്നു ഇനി നോക്കുക വേണമെങ്കിൽ വേറെ ഒന്നും പറയാം എന്താണോ ആഹോ മറിച്ച് അനുപാദിത ആരോപയവ സ്വത ഇനി രണ്ടാമത്തെ വർഷം ഈ മരം മരത്തിന്റെ ഉദാഹരണം കൊടുക്കുക ദൂരെ രണ്ട് മരം നിൽക്കുന്നു ദൂരെ എന്താണ് ഒരു മരമായിട്ട് കാണുന്നു ചിന്തിക്കരുത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും മുമ്പ് കേട്ടിട്ടുള്ളതല്ല ചിന്തിക്കൂരെ രണ്ട് മരമുണ്ട് അയാൾ കാണുന്ന ഒരു മരമാണ് എന്നു പറഞ്ഞാൽ രണ്ട് എന്നയാൾ അറിഞ്ഞില്ല അപ്പൊ ഭേദാഗ്രഹം ഉണ്ടവിടെ ശരിക്കും രണ്ടുണ്ടല്ലോ അയാൾ അറിഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ ഭേദാഗ്രഹമുണ്ടായി പിന്നെ ഒരു മരം എന്നുള്ള ഭ്രമമുണ്ടായില്ല അത് ഒരു മരമാണെന്നുള്ള ബ്രഹ്മം ഉണ്ടായില്ല ബ്രഹ്മ ഉണ്ടായെങ്കിൽ അയാള് തണലിന് വേണ്ടി ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടുമോ ഉറപ്പാണ് എന്തുകൊണ്ട് ഒരു മരമാണെന്നുണ്ടോ ഭ്രമം അയാൾക്കില്ല അപ്പം പിന്നെ എന്ത് കണ്ടുകൊണ്ടോ അയാൾ ഓടും അങ്ങനെ ഇല്ലെന്നാണ് പറയുന്നു മനസ്സിലാക്കുന്നത് കണ്ടില്ലെന്ന് കണ്ട കാര്യ അയാൾക്ക് അത് ഒരു മരമാണെന്ന് ബോധം ഉണ്ടായില്ല ഉണ്ടാകുന്നതാണ് ഭ്രമം അതുണ്ടായില്ല അയാൾ അങ്ങോട്ട് ഓടും എന്നാ ചോദിക്കുന്നത് ശകലം ചിന്തിച്ചു കണ്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചത് ഏരിയ ഇവിടെ ചോദിക്കാം ചിന്തിക്കോ ചിന്തിച്ചാ പറയാൻ പറ്റില്ല ഇടയ്ക്ക് ഞാൻ പറയുന്നത് കേക്ക് മാത്രേ ചെയ്യോ ചിന്തിക്കരുത് എന്നാ ഉത്തരം കറക്റ്റായി ഞാൻ പറയുന്ന കേക്ക് മാത്ര ദൂരെ രണ്ടു മരം നിൽക്കുന്നു വളരെ ദൂരെ നിന്ന് ഒരാള് അങ്ങോട്ട് നോക്കുന്നു രണ്ടും വേറെ വേറെയാണെന്നുള്ള ഭേദം ഞാനോ അയക്കില്ല അങ്ങനെ ഒരു ഭേദം ഞാനും അയക്കില്ല ദൂരെ രണ്ടും മരം നിൽക്കുകയാണ് പിന്നെ രണ്ട് മരം ആ ബോധം അയാൾക്കില്ല ദൂരം നോക്കുമ്പോൾ രണ്ട് മരമാണ് അങ്ങനെ ബോധവുമില്ല ഭേദഞ്ജാനുമില്ല പിന്നെ ഒരു മരമാണെന്നുള്ള ഭ്രാന്തി അയാക്കുണ്ടായില്ല തണലിന് വേണ്ടി അയാൾ മരത്തിന്റെ ചോട്ടിലേക്ക് ഓടുന്നു ഒരു മരമാണെന്ന് രണ്ടു മരത്തെ അയാൾ കാണുന്നില്ല ഈ പറയുന്ന ചോദ്യം മാത്രം കേൾ രണ്ടു മരമാണെന്നുള്ള ബോധം അയാൾക്ക് ഇല്ല എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല ഭേദംഞാനും ഇല്ല രണ്ടു മേരവേരാണെന്നുള്ള ബോധവും അതാ ഒരു മരം എന്നുള്ള ഭ്രമവും അയാൾക്ക് അങ്ങോട്ട് തണലിന് വേണ്ടി ഓടും അത്ര സിമ്പിളായ കാര്യമാണ് ഞാൻ ചോദിക്കുമ്പോ എന്താണ് എന്നെന്തോ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അതുകൊണ്ട് പരാജയം സമ്മതിക്കാൻ പാടില്ല ഭ്രമം അല്ലെന്നാ പറയുന്നത് ഒരു മരം ഒന്ന് ബോധം ഉണ്ടായാലേ ഭ്രമമാകുമോ അയാൾക്ക് ഭ്രമം ഉണ്ടായില്ല ഓടോ അപ്പൊ ഭേദാഗ്രഹം ഉണ്ട് അയാളുടെ ഉള്ളിലോ നിത് രണ്ട് മരം എന്നുള്ള ഭേദജ്ഞാനമായിരിക്കില്ല കാരണം അയാളൊന്നും കാണുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ ഭേദജ്ഞാനം ഉണ്ടാവും അയാൾ അങ്ങോട്ട് നോക്കുമ്പോഴ് അയാൾ ഒന്നും കാണുന്നില്ല ഈ പറയുന്നതിന് ചെറുപ്പം അതുകൊണ്ട് മരങ്ങൾ രണ്ടാണെന്നുള്ള ഭേദജ്ഞാനമായക്കില്ല ഒരു മരം എന്നുള്ള ഭ്രമം ഇല്ല അങ്ങോട്ട് അവിടെ ഒന്നും കാണുന്നില്ല ചുരുക്കം പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യുന്നു അയാളങ്ങോട്ടോടും ആ അതോടൊപ്പം ചോദിച്ചതിന്റെ വേണ്ട എന്തോട്ടെ കുറ്റം ചോദ്യം കേട്ടതിപ്പോഴാ ശരിയായത് മൂന്നു ഓണോ നാലു ഓണോ പറഞ്ഞപ്പോഴാണ് ചോദ്യം ശരിയായത് അത് ശരിയാ ചോദ്യം ഇപ്പഴാ ശരിയായ ചോദ്യം അവിടെ കാത്തിയില്ല അത് ശരിയാണ് അതാണ് ഇവിടെ പറയുന്നത് ഭേദാഗ്രഹം ഭേദാഗ്രഹം എന്ന് പറയുന്നത് അനുത്പാദിത ആരോപ ഇനി ഇവിടെ നോക്കുക ഒരു പ്രത്യക്ഷ ജ്ഞാനം ഒരു സ്മൃതി രണ്ടെന്നോ ഇത് ഭേദജ്ഞാനം ആക്കിട്ട മനസ്സിലാക്ക പക്ഷെ എന്താണ് ഭ്രമവും ഇല്ല ഇതം രഹിതം എന്നുള്ള ഭ്രമവും ആക്കി ബ്രഹ്മസ്ഥലത്ത് അപ്പൊ അയാള് കുരിഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു എടുക്കുന്നു ചോദിക്കുകയാണ് അഹോ അനുപാദിത ആരോപം എന്നുവെച്ചാ ഭ്രഹ്മുണ്ടാകാതെ സ്വതയേവ എന്താണ് ആ ഭേദാഗ്രഹം എന്താണ് ഇവ സ്വതവ്യവഹാരേതു പ്രവൃത്തിക്ക് കാരണമാകുമെന്ന് പൂർവ്വത്തിനോട് അന്വേഷിക്കുന്നു ചോദ്യം ചോദിക്കും അതിന്റെ ഉത്തരം സ്പഷ്ടമാണ് നമുക്കറിയാം ഇല്ല ബ്രഹ്മം ഉണ്ടായതേ പ്രവർത്തിക്കുകയു തർക്കന്മാർ എന്ത് ചെയ്തു ഇപ്പൊ അഖ്യാധിവാദി സ്വന്തം പാളയത്തിൽ കൊണ്ട് പെട്ടു അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ഭേദാഗ്രഹം ഉണ്ട് ഇവിടെ ബ്രഹ്മം ഉണ്ടാകുന്നോണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവര് രണ്ടുവിനുമില്ല എന്താണ് തർക്കം ഇപ്പൊ ഉള്ളൂ ീ ശുക്തിൽ രചതജ്ഞാനം ഉണ്ടാകുമ്പോൾ ഇതം രചതമെടുത്ത് ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടാണോ അയാള് പ്രവർത്തിക്കുന്നത് അതോ ബ്രഹ്മജ്ഞാനം ഇല്ലാതെ താർക്കികന്മാർ പറയുന്നു അവൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന് ബ്രഹ്മജ്ഞാനവും ഉണ്ടാകും മറ്റവർ പറയുന്നത് ബ്രഹ്മജ്ഞാനം ഇല്ലാതെ അയാള് പ്രവർത്തിക്കുന്നു ഇപ്പം അയാളെ കൊണ്ട് അംഗീകരിപ്പിച്ചു ബ്രഹ്മജ്ഞാനം എന്താണോ ഉള്ളതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മള് പടുക്ക ചിന്തിച്ചാന്ന് മനസ്സിലാവും പറയുന്നതിന്റെ അങ്ങനെ എന്താണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് കുറച്ചുകൂടെ വികാസം ബുദ്ധിവികാസം ബുദ്ധിവികാസം കഴിഞ്ഞാൽ തർക്കത്തിലെ ബുദ്ധി വികാസം ഉണ്ടാവും എല്ലായിടത്തും വരത്തില്ല ശരി hmm. <sniffs>